അവർക്ക് ഗുണകരമായ കാര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കാനും അള്ളാഹുസുബഹാനഹുവ ചായാല അവർക്ക് നൽകിയ കന്നുകാലി മൃഗങ്ങളുടെ കാര്യത്തിൽ നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുസുബഹാനഹുവ ചായാലയുടെ നാമം സ്മരിക്കാനുമാണ് അതിനാൽ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ദരിദ്രനായ അശരണന് ഭക്ഷണം നൽകുകയും ചെയ്യുക